الحمد لله الحمد لله رب العالمين والصلاه والسلام على رسوله الامين وعلى اله وصحبه اجمعين اما بعد اعوذ بالله من الشيطاني الرجم يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون بسم الله الرحمن الرحيم وابراهيم الذي وفى അതിമഹത്തായ അനുഗ്രഹം ഒന്നുകൊണ്ട് മാത്രം ഏറ്റവും പുണ്യകരമായി നിശ്ചയിക്കപ്പെട്ട ഈ ദിവസത്തിൽ പെരുന്നാൾ ആഘോഷിക്കുവാനും അള്ളാഹുവിന്റെ മഹത്വം ഉറക്കപ്പറയുവാനും നമുക്ക് അവസരം ലഭിച്ചിരിക്കുകയാണ് ഉറപ്പു സുബാനഹുവാത്താൽ ഈ പുണ്യദിനത്തിലെ കർമ്മങ്ങൾ നമ്മിൽ നിന്നും സ്വീകരിക്കുമാറാകട്ടെ ലോകത്ത് ജനസംഖ്യയിൽ പ്രമുഖ സ്ഥാനത്താണ് മുസ്ലിങ്ങൾ ലോകത്തുള്ള പണക്കാരുടെ ലിസ്റ്റ് എടുത്തു പരിശോധിച്ചാൽ ും മുമ്പിൽ ഒേറെ മുസ്ലിങ്ങളെ നമുക്ക് കാണാം ഒട്ടേറെ രാഷ്ട്രങ്ങൾ ഭരിച്ചു മുസ്ലിങ്ങളാണ് വിഭവങ്ങളിൽ വലിയൊരു പങ്ക് മുസ്ലിങ്ങളുടെ കൈകളിലാണ് പെട്രോളും ഉൽപ്പന്നങ്ങളൊന്ന് തടഞ്ഞുവച്ചാൽ ലോകം സ്തംഭിച്ചു പോകും അത്രമാത്രം സ്വാധീനം മുസ്ലിംങ്ങൾക്കുണ്ട് പക്ഷെ ഇതോടൊപ്പം നാം പറയുന്നു മുസ്ലിങ്ങൾ പ്രയാസത്തിലാണ് പ്രതിസന്ധിയിലാണ് അവർ പീഡിപ്പിക്കപ്പെടുന്നു അവർ പിന്നോക്കമാണ് എന്നൊക്കെ എങ്ങനെയാണ് ഇത് രണ്ട് ഈ രണ്ടു വർഷങ്ങളും തമ്മിൽ യോജിക്കുക ആരാണ് ഈ യോജിക്കായ്മക്കുള്ള ഉത്തരവാദി നാം തന്നെ എന്നതാണ് ഉത്തരം കാരണം അള്ളാഹു സുബാന പറയുന്നു നിങ്ങൾ വിശ്വാസികളാണെങ്കിൽ നിങ്ങളാണ് ഉത്തമന്മാർ ഇവിടെയാണ് നബി കരീം സലഹു അലഹി വസ്വല്ല നമുക്ക് പഠിപ്പിച്ച വിജയവും ഔന്നിത്യവും നമുക്കെങ്ങനെ നേടാം എന്നതിന്റെ ഉത്തമ മാതൃകയാണ് ഇബ്രാഹിം നബി അലഹിമിലൂടെ അള്ളാഹു നമുക്ക് വരച്ച് കാണിച്ചു തരുന്നത് ഇബ്രാഹിം നബി അലഹിസ്ലാമിലും അദ്ദേഹത്തോടൊപ്പമുള്ളവരിലും നിങ്ങൾക്ക് ഉത്തമമായ മാതൃകയുണ്ട് അറുപതാമത്തെ അധ്യായത്തിലെ നാലാമത്തെ ആയത്തിൽ അള്ളാഹു സുബാന പഠിപ്പിക്കുന്നു ഇബ്രാഹിം നബി അലഹിസ്സലാമിന്റെ ജീവിത വിജയത്തിന്റെ നിദാനം അവിടുത്തെ ആദർശമായിരുന്നു അള്ളാഹുവിന് മാത്രം സമർപ്പിക്കുക അവന് മാത്രം സമർപ്പിക്കേണ്ടത് മറ്റാർക്കും പങ്കുവെക്കാതിരിക്കുക എന്ന വ്യക്തമായ തോഹൈദ് തന്റെ സ്വന്തം പിതാവിനെ മഹാനായ പ്രവാചകൻ അങ്ങോട്ട് ക്ഷണിച്ചു ജനങ്ങളെ ക്ഷണിച്ചു അതിശക്തമായ എതിർപ്പുകളാണ് അവിടത്തേക്ക് നേരിടേണ്ടി വന്നത് ഈ മാർഗത്തിന് തെന്നിയാൽ നമുക്ക് പരാജയമാണ് ഉണ്ടാവുക മുസ്ലിം രാജ്യമായിരുന്നു സ്പെയിൻ സ്പെയിനിന്റെ തകർച്ച പരിശോധിക്കുമ്പോൾ വിശ്വാസരംഗത്തുള്ള ജീർണത മുമ്പിൽ നമുക്ക് കാണാം സ്പെയിൻ തകർന്നടിയുമ്പോൾ അവിടുത്തെ മുസ്ലിം പറഞ്ഞത് ഭയവിഹലരായ താർത്താരികളെ ുദ്ധിമുട്ടിൽ നിന്ന് പ്രയാസത്തിൽ നിന്നും അദ്ദേഹം നിങ്ങളെ രക്ഷിക്കുമെന്നായിരുന്നു ഒരു മുസ്ലിം രാഷ്ട്രത്തിന്റെ പതനം ആ പതനത്തിന്റെ മുഖ്യ കാരണം പതനം സംഭവിക്കുമ്പോൾ അവർ വിളിച്ചു അവർക്ക് അഭയം കൊടുക്കാൻ കവറിൽ കിടക്കുന്നായിരുന്നു ഇവിടെ അവർ വിസ്മരിച്ചു പോയത് ഇബ്രാഹിമില്ല അധ്യായത്തിലെത്തിന്റെ ആദ്യ ഭാഗത്ത് പഠിപ്പിക്കുന്നു വല്ല ഉപദ്രവത്തെയും അള്ളാഹുദിനു ബാധിപ്പിക്കുന്ന പക്ഷം അവനല്ലാതെ അതിനെ നീക്കം ചെയ്യാൻ ആരുമില്ല അതുകൊണ്ട് ഹൈറിന്റെയും ഷെറിൻറെയും ഉടമസ്ഥനായ നാഥനോടാണ് കൈനീട്ടേണ്ടത് ആകാശത്തിലേക്ക് കൈകൾ ഭൂമിയിലേക്ക് കബറുകളിലേക്ക് നീങ്ങി അവിടെ പ്രാർത്ഥനകളും അർച്ചനകളും കണ്ണീരുകളും സമർപ്പിക്കുന്ന ദയനീയമായ കാഴ്ചകൾ കൊച്ചു കേരളത്തിന്റെ ചുറ്റു നമുക്ക് കാണാം വേനൽക്കാലം വരുമ്പോൾ പ്രത്യേക പോസ്റ്ററുകളാണ് ജനങ്ങളെ കബറുകളുടെ അടുത്തേക്ക് ക്ഷണിച്ചുകൊണ്ട് അവരുടെ ആവശ്യങ്ങൾ നിർവഹിക്കാൻ അവരുടെ വിഷമങ്ങൾ പറയാൻ ഇങ്ങനെ ശുർക്കിലയെ ആപദിച്ചു കൊണ്ടിരിക്കുന്നു എന്നതാണ് ഈ സമുദായം പിന്നോക്കമാകാനുള്ള മുഖ്യ കാരണം ഇന്നത്തെ അവസ്ഥ പരിശോധിച്ചാൽ അന്യ മതസമുദായങ്ങളുടെ ആരാധനകൾ പോലും നെഞ്ചിലേറ്റുന്ന ദയീയമായ സ്ഥിതിവിശേഷം ബഹുമാന്യരായ ഹൈന്ദവ സഹോദരങ്ങൾ അവരുടെ കുട്ടികളെ എഴുത്തിനിരുത്താൻ വിജയദശമി ദിവസം തെരഞ്ഞെടുക്കും എന്താ കാരണം വാഗ്ദേവതയുടെ പ്രീതി കിട്ടാൻ അക്ഷരാഭ്യാസവുമായി ബന്ധപ്പെട്ട് അനുഗ്രഹം കൊടുക്കാൻ അവർക്ക് സരസ്വതീ ദേവിയുണ്ട് എന്നാൽ ഒരു മുസ്ലിം ആരുടെ പ്രീതിയാണ് പ്രതീക്ഷിക്കേണ്ടത് ആരുടെ പേരിൽ മാറ്റിവെച്ച് ഈ കഴിഞ്ഞ ദിവസം പ്രഖ്യാപനത്തിന്റെ ദുൽഹജ് പത്ത് വരെയുള്ള പുണ്യ ദിവസങ്ങളിൽ പത്രം ഓഫീസുകളിലും ബഹുമാന്യരായ സഹോദരങ്ങളുടെ ആരാധനാലയങ്ങളിലും പോയി മുസ്ലിം പേരുള്ള നായകന്മാർ വരെ പച്ചയായ വിഗ്രഹാരാധന ഹരിശ്രീ കുറിച്ചു കൊടുക്കുന്ന ദയനീയമായ രംഗം നമ്മൾ കാണുമ്പോൾ ഇബ്രാഹീമാണ് നമുക്കത് ബോധ്യപ്പെടുത്തി തരുന്നത് അഗ്നി ആരാധനയുടെ ബഹുദൈവാരാധനയുടെ അടയാളമാണെന്ന കാര്യത്തിൽ മുസ്ലിം തർക്കമില്ലാത്ത നിലവിളക്കിന്റെ പിന്നാലെ അതിനെ ന്യായീകരിക്കുവാനും ജനപ്രതിനിധികളും അതുപോലെയുള്ള നേതാക്കന്മാരെന്ന് പറയുന്നവരും മുന്നോട്ട് വരുമ്പോൾ സഹോദരങ്ങളെ ഇബ്രാഹിം നബി അലഹി തന്റെ പിതാവിനോട് എന്താ പറഞ്ഞത് കാണുകയോ കേൾക്കുകയോ ചെയ്യാത്തവയെ എന്തിനാണ് നിങ്ങൾ ആരാധിക്കുന്നത് ഈ ചോദ്യം കരിമത്തു ഷഹാദത്ത് ചെല്ലിയ മുസ്ലിമീങ്ങളോട് ചോദിക്കേണ്ട അവസ്ഥകൾ എന്റെയും നിങ്ങളുടെയും മുമ്പിൽ പച്ചയായി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് അള്ളാഹു അല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിക്കാൻ നേർച്ച വഴിപാടുകൾ അവർക്ക് കൊടുക്കുന്നതിന് വേണ്ടി പരിശുദ്ധ നിലെ ആയത്തുകൾ ദുർവ്യാഖ്യാനം ചെയ്യുന്നു ദുർബലമായ ഹദീസുകൾ അള്ളാഹു അല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിക്കാൻ തുടങ്ങുന്ന അത്തരത്തിലുള്ള ഏതാനും റിപ്പോർട്ടുകളുണ്ട് ആ റിപ്പോർട്ടുകളിൽ പറഞ്ഞ അത് ദുർബലമാണ് അള്ളാഹു അല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിക്കാൻ ഇത്തരം റിപ്പോർട്ടുകൾ പറഞ്ഞപ്പോൾ നൂറ്റാണ്ടുകളായി അഹുലുസുന്ന പണ്ഡിതന്മാർ പണ്ഡിതന്മാർ കൊടുത്ത മറുപടി മൂന്നെണ്ഡമാണ് അഥവാ അതുകൊണ്ട് തന്നെ അത് വെച്ച് അമൽ ചെയ്യാൻ മൂന്ന് ആണെങ്കിൽ പോലും തർക്കത്തിൽ ഇരിക്കുന്ന ഇസ്തി അതിൽ തെളിവില്ല അതുകൊണ്ട് തന്നെ എടുക്കാൻ പറ്റില്ല ഉദ്ധരിക്കാൻ പറ്റില്ല ഈ ദുർബലമായ ഹദീസ് ജനപ്രദേശത്താകട്ടെ മരുഭൂമിയിലാകട്ടെ യും നിന്റെ വാഹനം നഷ്ടപ്പെട്ടു പോവുകയും ചെയ്താൽ നീ അവനോട് തേടിയാൽ ആ വാഹനത്തെ അവൻ നിനക്ക് തിരിച്ചു തരും അതെ എന്നല്ല മരുഭൂമിയിൽ അകപ്പെട്ടാൽ പറയേണ്ടത് എന്നാണ് എന്ന കാര്യത്തിൽ തർക്കമില്ല ഇത്തരം ദുർബലമായ ഹദീസുകൾ ചർച്ചക്കെടുക്കുകയും അങ്ങനെ വക്താക്കളെ ചേരിതിരിച്ചാൻ ആഗ്രഹിക്കുന്നവരെ നാം നിരാശപ്പെടുത്തണം നിരാശപ്പെടുത്താനുള്ള മാർഗമെന്താഹീദിനെ കുറിച്ച് പഠിക്കുക ഖുറാനും സുന്നത്തും പഠിക്കുക മനസ്സിലാക്കുക അപ്പോൾ ബോധപൂർവം ചേരിതിരിക്കാൻ ആഗ്രഹിക്കുന്നവർ നിരാശപ്പെട്ട് പ്രഖ്യാപനവുമായി നമുക്ക് മുന്നോട്ട് പോകാം എല്ലാവരും സ്വീകരിക്കലാണ് നമ്മുടെ ആഗ്രഹം തടയലാണ് നമ്മുടെ ബാധ്യത ഇബ്രാഹിം നബി അലഹി പിതാവിനോട് ഏകദൈവാരാധനയെ കുറിച്ച് പറഞ്ഞപ്പോൾ അദ്ദേഹത്തെ അതിന് പ്രേരിപ്പിച്ചത് എന്തായിരുന്നു പിതാവേന്നുള്ള വല്ല ശിക്ഷയും അങ്ങേക്ക് വന്ന് ഭവിക്കുമോ എന്നെനിക്ക് പേടിയാകുന്നു നിങ്ങൾക്കാണ് പോകൂ നരകത്തിലേക്ക് എന്നല്ല ഉപ്പാ എനിക്ക് പേടിയാകുന്നു നിങ്ങൾ അള്ളാഹുവിന് മാത്രം സമർപ്പിക്കേണ്ടത് അള്ളാഹു അല്ലാത്തവർക്ക് സമർപ്പിക്കുക വഴി എന്റെ പൊന്നുപ്പക്ക് അള്ളാഹുവിന്റെ ശിക്ഷ വരുമല്ലോ എന്നെനിക്ക് പേടിയാകുന്നു അത്രമാത്രം ഗൗരവമുള്ള തിന്മയാണല്ലോ ഒരു യുദ്ധസംഘത്ത് അയച്ചു ആ യുദ്ധസംഘം ലക്ഷ്യസ്ഥാനത്ത് എത്തിയത് ഒരു സുബഹക്കായിരുന്നു സുബഹ് സമയത്ത് ഒരു ശത്രു വിവാദത്തിൽപ്പെട്ട ഒരാൾ ഉടൻ തന്നെ വിചാരിച്ചു ഇയാൾ എന്നെ എന്നോട് യുദ്ധം ചെയ്യാൻ വന്ന ആളല്ലേ രക്ഷപ്പെടാൻ വേണ്ടി കഴിമച്ചെല്ലിയ കുത്തുകൊടുത്തു അദ്ദേഹം മരണപ്പെട്ടു പോയി ഇതിനുശേഷം അദ്ദേഹത്തിന് മാനസികമായി വല്ലാത്തൊരു പ്രയാസം ഞാൻ ചെയ്തത് അബദ്ധമായി പോയോ ശത്രുവിൽപ്പെട്ട ആള് തന്നെ പക്ഷെട്ടുണ്ടല്ലോ ഈ വിഷമം ഹബീബായോട് പറഞ്ഞു അവിടുന്ന് പറഞ്ഞു ഹൃദയം പിളർന്നു നോക്കിയോ അദ്ദേഹം നിന്റെ ആയുധത്തെ ഭയപ്പെട്ടുകൊണ്ടാണോ അതോ സത്യസന്ധമായി തന്നെയാണോ പറഞ്ഞത് നീ എങ്ങനെ ഞാൻ ഇന്ന് മുസ്ലിം ആയാൽ മതിയായിരുന്നു എന്റെ അടുത്ത് അബദ്ധം പറ്റിയല്ലോ റസൂറുള്ള വിട്ടുവീഴ്ചക്ക് തയ്യാറല്ല സഹോദര എനിൽക്കില്ല ഞാൻ അല്ലാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കുന്നില്ല എന്നൊരാൾ പറഞ്ഞാൽ അല്ല നീ അള്ളാഹു അല്ലാത്തവരെ ആരാധിക്കുന്നുണ്ട് നീ പ്രാർത്ഥിക്കുന്നുണ്ടെന്ന് പറയാൻ നീ ശുക്ക് ചെയ്യുന്നുണ്ടെന്ന് പറയാൻ നമുക്ക് യാതൊരു ന്യായവുമില്ല നാലപ്പറലോകത്ത് ഈഹാദത്ത് കലിമയുമായി ആ മനുഷ്യൻ വന്നാൽ എന്ത് ചെയ്യും എന്നതായിരുന്നു ഈ സ്വഹാവിയെ വേട്ടയാടിയ കാര്യം അതുകൊണ്ട് തന്നെ മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഈ ഹഡീസ് നമ്മുടെ ഹൃദയത്തിലേക്ക് തുളച്ചു കയറേണ്ടതുണ്ട് നാം രംഗത്ത് ഉറച്ചു നിൽക്കണം കാരണം ഇത് പറയാൻ നമ്മൾ മാത്രമേ ഉള്ളൂ ഈ തളിപ്പറമ്പിന്റെയും പരിസര പ്രദേശങ്ങളിലും ഒട്ടേറെ നന്മകൾ പ്രചരിപ്പിക്കാൻ തിന്മകളെ ഇല്ലായ്മ ചെയ്യാൻ ഇഷ്ടംപോലെ സംഘങ്ങളുണ്ട് പക്ഷേ റബിന് മാത്രം കൊടുക്കേണ്ടതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ റബ്ബല്ലാത്തവർക്ക് കൊടുക്കല്ലേ എന്ന് ജനങ്ങളോട് പറയാൻ നമ്മൾ മാത്രമേ ഉള്ളൂ അതിനുവേണ്ടി മയക്ക് കെട്ടാൻ നമ്മൾ മാത്രമേയുള്ളൂ അതിനുവേണ്ടി സീരുകളുമായി ലഘുലേകളുമായി വീടുകളിലേക്ക് കടകളിലേക്ക് കയറിച്ചെല്ലാൻ നമ്മൾ മാത്രമേയുള്ളൂ മഹാനായ ഇബ്രാഹിം നബി അലഹി തന്റെ സത്യ സന്ദേശ പ്രബോധനത്തിൽ കുടുംബത്തെ ഒപ്പം നിർത്തി ഭാര്യ അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്നു മണലാരണ്യത്തിൽ ഉപേക്ഷിച്ചു പോകുമ്പോ അമ്മ പറഞ്ഞതാണോ അതേ ചോദ്യമുള്ളൂ അതേ പിന്നീട് യാതൊരു തരത്തിലുള്ള നിരാശയുമില്ല മകൻ ഇബ്രാഹിം നബി അലഹി ഒപ്പം നിർത്തി ഉയർത്തുമ്പോൾ ും ഇസ്ലെത്തുർത്തുമ്പോൾ മകനൊപ്പം ഉണ്ടായിരുന്നു പള്ളിയിലേക്ക് വരുമ്പോ ജുമാക്ക് വരുമ്പോക്കളെ നമ്മളോടൊപ്പം നമ്മുടെ മക്കൾ ഉണ്ടാകണം അതാണ് ഇബ്രാഹിം നബി അലഹി പഠിപ്പിക്കുന്നത് സ്വന്തം മകന്റെ പതിമൂന്ന് വയസ്സ് മാത്രം പ്രായമായ ചരിത്രം പറയുന്ന മകന്റെ തോളിനൊരു കല്ലെടുത്ത് വെച്ച് കൊടുത്തു രംഗത്ത് നന്മയുടെ നമ്മളോടൊപ്പം നമ്മുടെ മക്കളും ഉണ്ടാകണം ധാരാളക്കണക്കിന് പ്രതിസന്ധികളെ ആ മഹാനായ പ്രവാചകൻ നേരിട്ടു പിതാവ് സ്വന്തം വീട്ടിൽ നിന്നും എറിഞ്ഞോടിക്കുമെന്ന് പറഞ്ഞ പിതാവ് നാട്ടുകാരുടെ ശക്തമായ എതിർപ്പ് രാജ്യ ശക്തമായ എതിർപ്പ് ഈ എതിർപ്പുകളെ നേരിട്ട് കൊണ്ടാണ് ഇബ്രാഹിം നബി അലഹി സത്യത്തിന്റെ മാർഗത്തിൽ പൊരുതിയത് അവസാനം അക്ഷരാർത്ഥത്തിലുള്ള തീ ഇബ്രാഹിം നബി അലഹിമിന് വേണ്ടി ഭരണകൂടം ആ തീയിലേക്ക് പ്രവേശിപ്പിച്ചപ്പോ തീയെ സൃഷ്ടിച്ച നാഥൻ പറഞ്ഞു അല ഇബ്രാഹീം തീയേ ഇബ്രാഹിമിന്റെ മേൽ നീ തണുപ്പും സമാധാനവുമാകണം ഒന്നും സംഭവിക്കാതെ ഇബ്രാഹിം നബി അലഹി അസലാം തീയുന്നു കൈപ്പുള്ളതായിരിക്കും ആ സത്യം പറയുമ്പോൾ നമ്മൾ ഒറ്റപ്പെട്ടേക്കാം കുടുംബത്തിൽ മഹലിൽ സുഹൃത്തുക്കളെടുത്തൊക്കെ ഒറ്റപ്പെട്ടേക്കാം പക്ഷേ നെല്ലിക്ക പോലെ പിന്നീടതൊരു മധുരിക്കും കാരണം അബ്ബാഹുവിന്റെ സഹായം സത്യത്തോടൊപ്പം ഉണ്ടാകും ഈ ലോകത്ത് കുറെ ആളുകൾ നമ്മളെ സഹായിക്കാനുണ്ട് പക്ഷെ അള്ളാഹു നമ്മളോടൊപ്പം ഇല്ലെങ്കിൽ ഒരു കാര്യവുമില്ല റബ്ബ് നമ്മളോടൊപ്പം ഉണ്ട് എല്ലാവരും നമുക്കെതിർ നമുക്കൊരു പ്രശ്നവുമില്ല അതുകൊണ്ട് സത്യ പ്രബോധന മുന്നോട്ട് നിൽക്കാൻ നമുക്ക് സാധിക്കണം ഈ മില്ലത്ത് ഏറ്റുവാങ്ങിയ മഹാനായ റസൂൽ അള്ളാഹി അലഹി വസ്വല്ലം അവിടുന്ന് ലോകത്തോട് പറഞ്ഞ ആദർശത്തെ ഒന്നും പറയാൻ വിമർശകർക്കില്ല എതിർപ്പുകാർക്കില്ല അതുകൊണ്ട് അന്നു മുതൽ പ്രവാചകനെ അധിക്ഷേപിക്കുക പ്രവാചകനെ നിന്ദിക്കുക എന്നത് ശൈലിയാക്കി മാറ്റി ജീവിച്ചിരിക്കുമ്പോൾ അബൂലഹബ് ഉദ്ഘാടനം ചെയ്തു കൊണ്ട് നിനക്ക് നാശം എന്ന് പറഞ്ഞുകൊണ്ട് അവിടുന്ന് ജീവിച്ചിരിക്കുമ്പോഴും ശേഷവും ആ പ്രവാചകൻ നിന്ന് തുടർന്നുകൊണ്ടേയിരുന്നു ഇസ്ലാം പ്രവാചകൻ രണ്ട് കയ്യും നെട്ടി സ്വീകരിക്കുന്നു ഇസ്ലാമിനെ വിമർശിക്കൂ ഉത്തരം നമ്മുടെ അടുത്തുണ്ട് എന്താ ഇസ്ലാമിനെ കുറിച്ച് വിമർശിക്കാനുള്ളത് ഏത് വിഷയവും പറഞ്ഞോളൂ ഉത്തരം തരാം പക്ഷെ ഒരാൾ നമ്മളെ ദേശിന്റെ മോനെന്താ ഉത്തരള്ളത് ഒരു ഉത്തരവും പറയാനില്ലല്ലോ ഇതുപോലെ ഹബീബായു അലഹി വസ്ലമെതിരെ കാർക്കൂൺ നമുക്കറിയാം നമ്മുടെ സംസ്ഥാനത്ത് എഴുതപ്പെട്ട നമുക്കറിയാം ഏറ്റവും അവസാനം ഒരിക്കലും ഒരാർക്ക് ദർശിച്ചിരിക്കാൻ സാധിക്കാത്ത ഒരു മുസ്ലിമിനല്ല ഒരു മനുഷ്യന് കണ്ടിരിക്കാൻ കഴിയാത്ത രൂപത്തിൽ ലോകത്തിന്റെ പ്രവാചകനം നിന്നിൽക്കുന്ന സിനിമയുമായി രംഗത്ത് വന്ന സഹോദരൻ വ്യാജ പേരിലാണ് അറിയപ്പെട്ടത് അതിൽ അഭിനയിച്ച എൺപതോളം ആളുകളോട് എന്തിനാണ് നിങ്ങൾ അഭിനയിക്കുന്നത് അദ്ദേഹം പറഞ്ഞിട്ടില്ല വ്യാജമായ രൂപത്തിലാണ് വന്നത് അറിയാതെ പോലും അത് നമുക്ക് ഫോർവേഡ് ചെയ്തു കൂടാ അത്രയും വൃത്തികളടാണിത് മറുപടി പറയേണ്ടത് രണ്ട് രൂപത്തിലാണ് ഒന്ന് ഹബീബിന്റെ ചര്യ നമ്മുടെ ജീവിതത്തിൽ പകർത്തിക്കൊണ്ട് രണ്ട് ആ ചര്യ മറ്റുള്ളവരിലേക്ക് പ്രബോധനം ചെയ്തുകൊണ്ട് പ്രതികരണത്തിലും നബിചരിയുണ്ട് അതുകൊണ്ട് കൊള്ളിവെപ്പും തീവപ്പും അതുപോലെയുള്ള അക്രമങ്ങളും ഒന്നും ഇത്തരം ഘട്ടങ്ങൾ വന്നാൽ ശത്രുക്കൾ ആഗ്രഹിക്കുന്നതാണ് മുസ്ലിങ്ങൾ വ്യാകുലപ്പെടണം അവർ പ്രകോപിതരാകണം എന്നത് ശത്രുവിന്റെ അജണ്ടയാണ് ആ അജണ്ട ഒരിക്കലും നമുക്ക് നടപ്പാക്കിക്കൂടാം സാംസ്കാരിക തകർച്ചയുടെ അങ്ങേ അറ്റമാണ് നമ്മൾ ഈ കാണുന്നത് നോക്കൂ ഒരു പ്രസവം നടക്കുമ്പോ ഭർത്താവ് പോലും ലേബർ റൂമിന്റെ പുറത്താണ് നിൽക്കുക എന്നാൽ നമ്മുടെ സംസ്ഥാനത്ത് ഒരു സ്ത്രീ പ്രസവിക്കുമ്പോൾ അത് വീഡിയോയിൽ പകർത്താൻ പറഞ്ഞു എന്തേ അത് വിറ്റി കാശാക്കാൻ പ്രസവമാകുന്ന ഒരു ഏറ്റവും പവിത്രമായ ഒരു സംഗതി പോലും ജനങ്ങളെ കാണിക്കുന്ന വൃത്തികേടുകളിലേക്ക് ഈ സമൂഹം ആപത്തിച്ചു പോകുമ്പോ അതിന്റെ ദുരന്ത നമ്മുടെ മക്കളിലുണ്ട് നമ്മുടെ കുടുംബങ്ങളിലുണ്ട് സമൂഹങ്ങളിലുണ്ട് എന്താണ് പരിഹാരം പരിഹാരം ഇബ്രാഹീമി മില്ലത്തു മാത്രം നമ്മുടെ ശരീരം നമ്മുടേതല്ല നമ്മുടെ ശരീരം നമ്മുടേതാണെങ്കിൽ നമ്മളോട് ചോദിക്കാതെ അതിനെങ്ങനെ പനിവരും നമ്മുടെ കണ്ണുകളും കാതുകളും അടിസ്ഥാനപരമായ അതിന്റെ ഉടമസ്ഥാവകാശം നമുക്കാണെങ്കിൽ നമ്മളോട് ചോദിക്കാതെ നമ്മുടെ കേൾവിയും കാഴ്ചയും എങ്ങനെ കുറഞ്ഞു നമ്മുടെ രോമകൂപങ്ങളുടെ ഉടമസ്ഥാവകാശം നമുക്കാണെങ്കിൽ നമ്മളോട് ചോദിക്കാതെ അതെങ്ങനെ നരച്ചു പോകുന്നു അതെ റബിൻറ്റേതാണ് നമ്മളോട് ചോദിക്കാതെ റബ്ബ് നമ്മളെ സൃഷ്ടിച്ചു നാം ഇവിടെ ഉണ്ടെന്ന് നമ്മൾ അറിഞ്ഞത് ആറോ ഏഴോ വയസ്സ് പ്രായമാകുമ്പോഴാ എപ്പോഴും നമ്മുടെ തിരിച്ചുപോക്ക് അതും നമുക്ക് അറിയില്ല അതുകൊണ്ട് റബ്ബിന് അതാണ് ഇബ്രാഹിം നബി അലഹിസ്ലാം ചെയ്തത് കീഴ്പ്പെടുക എന്ന് പറഞ്ഞപ്പോ അതെ ഞാൻ റബ്ബിനെ കീഴ്പ്പെട്ടിരിക്കുന്നുവെന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചു ഇബ്രാഹിം നബി അലഹിസ്ലാം തന്നെ ഏൽപ്പിച്ച സകല ദൗത്യങ്ങളും നിർവഹിച്ചു അതാണ് നാം ഓതി വെച്ചായ അമ്പത്തി മൂന്നാമത്തെ അധ്യായത്തില് മുപ്പത്തിയേഴാമത്തെ അദ്ദേഹം ഒരു ഇസ്ലാമിക രാജ്യത്തല്ലല്ലോ ജീവിച്ചത് ഇസ്ലാമിക രാജ്യത്തല്ലല്ലോ പ്രബോധനം ചെയ്തത് ഇസ്ലാമിക രാജ്യത്ത് അതല്ലോ അവിടുന്ന് വഫാത്തായത് അതിന്റെ അർത്ഥം എന്താ ഇസ്ലാമിക ഭരണം സ്ഥാപിച്ചിട്ടില്ലെങ്കിലും ഇസ്ലാം പൂർത്തിയാകും ഇന്ത്യ പോലെയുള്ള മതേതര രാജ്യത്ത് പൂർണ്ണ മുസ്ലിങ്ങളായി ജീവിക്കാൻ നമ്മൾ ശ്രമിക്കണം വർഗീയ ധ്രുവീകരണത്തിന് ശ്രമിക്കുന്നവരെ നാം ഒറ്റപ്പെടുത്തണം കാരണം ആ ധ്രുവീകരണം തടസ്സപ്പെടുത്തും ഇസ്ലാം മനസ്സിലാക്കി കൊടുക്കാൻ തടസ്സമുണ്ടാകും അതുകൊണ്ട് ഒരിക്കലും ാനുള്ള കാരണം അദ്ദേഹത്തെ പ്രേരിപ്പിച്ചതെന്താ ഒരൊറ്റ ചിന്തയാതെല്ലാം ചെയ്തപ്പോഴും തികഞ്ഞു എന്ന ബോധമുണ്ടായില്ല മതിയായി ഇനി മരിച്ചു കിട്ടിയ മതി പടച്ചോനെന്നെ പിടിച്ചു സ്വർഗത്തിലിടമെന്ന ബോധമല്ല മരിച്ച അദ്ദേഹത്തിന് വിഷമമാണിന്റെ ഉത്തരവാദിത്വം നിറവേറ്റിയോ ആ വിഷമത്തിൽ പ്രയാസത്തിൽ നിന്ന് ഹൃദയത്തിൽ നിന്ന് ഒരഞ്ഞ് പൊന്തിക്കൊണ്ടൊരു പ്രാർത്ഥന പുറത്തേക്ക് വന്നു വലാത്തു ിൽ അവ നാം ഹാജരാക്കപ്പെടുമെന്ന ബോധം അപ്പൊ അതുകൊണ്ട് തന്നെ സൂക്ഷ്മതയോടുകൂടിയ ജീവിതത്തിന്റെ ഉടമസ്ഥരാകണം എല്ലാ സന്ദർഭങ്ങളിലും എപ്പോഴാണ് യാത്ര എന്നറിയില്ല എന്റെയും നിങ്ങളുടെയും ഈ ലോകത്തുള്ള യാത്ര എപ്പോഴെന്നറിയില്ല മരണപ്പെട്ടാൽ സഹോദരാ സഹോദരി പേരല്ല പറയുക അബ്രഹിമാന്റെ അബ്രഹിമാനെ കുളിപ്പിച്ചോ എന്നല്ല പറയുക യാസറിനെ നിസ്കരിച്ചോ എന്നല്ല പറയുക മയ്യത്തെടുത്തോ മയ്യത്ത് കുളിപ്പിച്ചോ മയ്യത്ത് നമസ്കരിച്ചോ നമ്മുടെ പേര് തന്നെ മാറിപ്പോകും ആ യാത്ര എപ്പോഴാണ് നമുക്കറിയില്ല അതുകൊണ്ട് ഏത് സന്ദർഭത്തിലും റബ്ബിന്റെ അടുത്തേക്കുള്ള യാത്രക്ക് നാം തയ്യാറെടുക്കണം കാരണം അടുത്തേക്ക് കുറ്റവാലാണ് ഹാജരാകുന്നതെങ്കിൽ അവന് ജഹന്നമാണുണ്ടാവുക നരകമാണുണ്ടാവുക അവിടെ ജീവിതവുമില്ല മരണവുമില്ല അപ്പൊ നമ്മുടെ മരിക്കുന്ന രംഗം മോശപ്പെട്ട ഒരു ജീവിത അവസരത്തിലാണോ എന്റെയും നിങ്ങളുടെയും മരണം തുടർച്ചയും അങ്ങനെ തന്നെ ആയിരിക്കും ഉന്നതമായ പദവികൾ ഉണ്ടാകും അതുകൊണ്ട് മരണം നന്നാക്കണമെങ്കിൽ മരണത്തിനുമ്പുള്ള അവസ്ഥകൾ നമ്മുടെ ജീവിതത്തിൽ നന്നാക്കണമെന്ന ഉത്തമ ബോധ്യം നമുക്കുണ്ടാകണം ഇത് വലിയ പെരുന്നാളല്ലോ ബലി പെരുന്നാളാണ് അതെ ഇബ്രാഹിം നബി അലഹി അനുവദിച്ചത് ബലി കൊടുക്കാൻ തയ്യാറായി മകൻ അനുവദിച്ചതാ ബലി കൊടുക്കാൻ തയ്യാറായി പടച്ചവൻ വേണ്ടെന്ന് പറഞ്ഞതല്ലേ എന്തിനാ പരീക്ഷണമാണ് ജീവിതത്തിലൂടെ നീളം എന്തിനാ പരീക്ഷണം കഷ്ടനഷ്ടങ്ങൾ നൽകാനല്ല നമ്മുടെ നിലപാട് പരിശോധിക്കാൻ എന്തിനാ സഹോദര നിനക്ക് രോഗം തരുന്നത് നീ ആ രോഗത്തോടെ എന്ത് സമീപനം സ്വീകരിക്കും എന്തിനാ ഉറ്റവർക്ക് മരണം തരുന്നത് ആ മരണത്തിലൂടെ നീ എന്ത് നിലപാട് സ്വീകരിക്കും നമ്മുടെ നിലപാട് പരിശോധിക്കുകയാണ് ഉറപ്പ് ഇബ്രാഹിം നബി അലഹി തന്റെ നിലപാട് നന്നാക്കി അതിൽ അദ്ദേഹം അനുവദിക്കപ്പെട്ടത് ത്യജിക്കാൻ തയ്യാറായെങ്കിൽ സഹോദരീ സഹോദരന്മാരെ ഈ പുണ്യമാക്കപ്പെട്ട പ്രാർത്ഥനയിൽ ഞാനും നിങ്ങളും പങ്കെടുക്കുമ്പോ ലഹരിയുമായി ബന്ധപ്പെട്ട വല്ല തെറ്റും നമ്മളിലുണ്ടോ ലൈംഗിക രംഗത്തുള്ള വല്ല തെറ്റും നമ്മളിലുണ്ടോ സാമ്പത്തിക രംഗത്തുള്ള വല്ല കൃത്രിമവും നമ്മുടെ അടുത്തുണ്ടോ വല്ല ദുശീലങ്ങളും നമ്മുടെ അടുത്തുണ്ടോ നമ്മുടെ കുടുംബ ബന്ധങ്ങൾ അയൽപക്ക ബന്ധങ്ങൾ ഏതെങ്കിലും മുറിഞ്ഞു കിടക്കുന്നുണ്ടോ നമസ്കാരം ഉപേക്ഷിക്കുന്ന അവസ്ഥ നമ്മളിലുണ്ടോ ഈ ചോദ്യങ്ങളൊക്കെ നമ്മളോട് ചോദിച്ച് നമ്മുടെ തെറ്റായ ഇച്ഛകളാണ് അതിനെ പ്രേരിപ്പിക്കുന്നത് ആ ഇച്ഛകളെ ബലിഗണിച്ച് നന്മയുടെ പാതയിലേക്ക് നമ്മുടെ മുഖത്തെ തിരിക്കാൻ ദീനീ ജീവിതത്തിലേക്ക് മാറാൻ നമുക്ക് ഈ സന്ദർഭത്തിൽ സാധിക്കേണ്ടതുണ്ട് റബ്ബ് പറഞ്ഞതിന്റെ ആളുകൾ അവരുടെ രോമങ്ങൾ തൊട്ടില്ല അവരുടെ നഖങ്ങൾ തൊട്ടില്ല എന്റെ റബ് പറഞ്ഞു കൂടി നമ്മുടെ നഖം നമുക്ക് മുറിക്കാം മീശ ചെറുതാക്കാം അതേ സന്ദർഭത്തിൽ നമുക്ക് താൽപര്യമുണ്ടെങ്കിൽ നമുക്ക് ആഗ്രഹമുണ്ടെങ്കിൽ ആ വളർന്നു നിൽക്കുന്ന രോമങ്ങൾ അവിടെ തന്നെ നിന്ന് കൊള്ളട്ടെ എന്ന് തീരുമാനിക്കാം ദിവസങ്ങളിൽ പെരുന്നാൾ ദിവസം നമ്മുടെ മുഖത്ത് രോമത്തോടുകൂടിയാണ് വരേണ്ടതെങ്കിൽ അതാണ് ഇഷ്ടപ്പെടുന്ന ഭംഗി നമ്മളല്ല ഭംഗിക്ക് നിർവചനം കൊടുക്കേണ്ടത് അതുകൊണ്ട് വേണമെങ്കിൽ റബ്ബിനോട് ദുവാ ചെയ്ത് മാനസികമായ സംതൃപ്തിയോടുകൂടി അതവിടെ നിന്നോട്ടെ കാരണം എന്റെ ഹബീബിന്റെ മുഖത്ത് താടിയുണ്ടായിരുന്നു അത് മാത്രം ഫർലല്ല കേട്ടോ പ്രധാനപ്പെട്ട ഒരു സുന്നത്ത് അള്ളാഹു തോഫിക്ക് ചെയ്യുമാറാകട്ടെ ഈ മൂന്ന് ദിവസം ഇനി വരാനിരിക്കുന്ന മൂന്ന് ദിവസങ്ങളിൽ തിങ്കളാഴ്ച ദുൽഹജ് പതിമൂന്ന് അസർ വരെയും തെക്ക് പേര് തുടരണം ഇന്നലെ സുബഹി മുതൽ അറഫാദിനം സുബഹ് മുതൽ ആ പതിമൂന്ന് അസർ വരെ ആവർത്തിക്കുന്നു അള്ളാഹു അക്ബർ അള്ളാഹു അക്ബർ അതെ അള്ളാഹു മഹാൻ എന്റെ താല്പര്യങ്ങളല്ല വലുത് കാരണം അവൻറെ അടുത്തേക്കാണ് എനിക്ക് പോകാനുള്ളത് എങ്കിൽ ആ അള്ളാഹു അക്ബറിനെതിരായ ഒരു പെരുന്നാള് നമുക്ക് ഉണ്ടാകരുത് കുടിച്ചുകൊണ്ട് പെരുന്നാളോ നമസ്കാരം ഉപേക്ഷിച്ചു കൊണ്ട് പെരുന്നാളോ തോന്നിവാസങ്ങൾ കൊണ്ട് പെരുന്നാളോ ആലോചിക്കാൻ പോലും ഒരു സത്യവിശ്വാസിക്ക് സാധിക്കുകയില്ല ആ നിലക്ക് നോക്കൂ പെരുന്നാൾ വന്നപ്പോ നമ്മളോട് പറഞ്ഞു തെക്കിബീർ കൂടുതൽ ചൊല്ലിക്കോ രണ്ടരക്കായ നമസ്കാരം എക്സ്ട്രാ അതിൽ ഏഴും അഞ്ചും തെക്കിബീറുകൾ കൂടുതൽ ഒരു ഉത്ബോധനം കൂടുതൽ അതെ സ്വർഗമാകുന്ന ഏറ്റവും വലിയ ആഘോഷം കിട്ടാനാണ് പെരുന്നാൾ സ്വർഗത്തെ നമുക്ക് എത്തിപ്പിടിക്കാനാണ് പെരുന്നാൾ അതുകൊണ്ട് ഇസ്ലാമിന്റെ ആഘോഷത്തിന്റെ ഈ പവിത്രത നമ്മൾ മനസ്സിലാക്കണം സഹോദരങ്ങളെ ഈ സദസ്സിൽ മുമ്പ് പെരുന്നാൾ ആഘോഷിക്കുമ്പോൾ നമ്മളോടൊപ്പമുള്ള പലരും ഇല്ല അവരെ നമ്മൾ ഓർക്കണം അവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം നമ്മുടെ ഒരു സഹോദരൻ കഴിഞ്ഞ കഴിഞ്ഞ മാസങ്ങളിൽ അപകടത്തിൽ മരണപ്പെട്ടു പോയി പള്ളിയുമായി ഏറെ ബന്ധമുള്ള ഒരു സഹോദരൻ അങ്ങനെയുള്ളവർക്കൊക്കെ പ്രാർത്ഥിക്കുവാൻ ഈ സമയം നമ്മൾ പ്രത്യേകമായി നമ്മൾ സന്ദർഭം കണ്ടെത്തേണ്ടതുണ്ട് അതുകൊണ്ട് അടുത്ത പെരുന്നാളിന് ഞാനും നിങ്ങളും ഈ സദസ്സിലുണ്ടാകുമോ നമുക്കറിയില്ല ഒട്ടേറെ സഹോദരങ്ങൾ നമ്മളോട് വിട ഓർമ്മകൾ നമ്മുടെ മനസ്സിലേക്ക് വരുന്നുണ്ടാകും അവരെ നമ്മൾ ഓർക്കണം അതോടൊപ്പം തന്നെ ഈ പെരുന്നാൾ പറയുന്നത് ഇന്നൊരു പ്രത്യേകമായ സുന്നത്തുണ്ട് ദാനം ചെയ്യുക പെരുന്നാളിന്റെ അന്ന് പ്രത്യേകം ദാനം ചെയ്യുക ഹബീബായ റസൂലുള്ള സ്ത്രീകളുടെ ഭാഗത്തേക്ക് പ്രത്യേകം ചെന്ന് അവരുടെ ദാനം ഏറ്റുവാങ്ങി എന്നാണ് അതുകൊണ്ട് ദാനം ചെയ്യുക എന്ന മാത്രമല്ല പെരുന്നാളിന് ദാനം ചെയ്യുക എന്ന നെയ്യത്തോടുകൂടി കഴിവിന്റെ പരമാവധി നമ്മളെല്ലാവരും ദാനം ചെയ്യാൻ ഈ സന്ദർഭത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട് ജയിലിൽ കിടക്കുന്ന ആളുകളുണ്ട് പലരും നിരപരാധികളാണ് ആ നിരപരാധികളായ ആളുകൾ ജയിലിൽ കിടക്കുമ്പോ അവരുടെ പെരുന്നാളിന്റെ അവസ്ഥ എന്ത് അവരുടെ കുടുംബത്തിനൊരു പുതുവസ്ത്രം വാങ്ങിക്കൊടുക്കാൻ ആരെ നമ്മൾ എത്ര അനുഗ്രഹീതരാണ് സഹോദരങ്ങളെ രോഗികളായ ആളുകൾ പെരുന്നാളിന് വരാൻ ആഗ്രഹമുണ്ട് പക്ഷെ പലരും ആശുപത്രിയിലാണ് അവരെ സന്ദർശിക്കാനും പ്രാർത്ഥിക്കാനും നമുക്ക് കഴിയേണ്ടതുണ്ട് ഈ സദസ്സിൽ നമ്മൾ ഇരിക്കുമ്പോ നമ്മുടെ ഒറ്റ ബന്ധുക്കൾ നിരന്തരമായി ഫോൺ ചെയ്യുന്നു അവർ ഗൾഫിലാണ് പക്ഷെ അവരുടെ മനസ്സ് നമ്മളോടൊപ്പമാണ് എന്തിനാണ് അവർ പോയത് അധ്വാനിക്കാൻ ആർക്കു വേണ്ടി അധ്വാനിക്കാൻ നമ്മളെ പോറ്റാൻ നമുക്ക് കാര്യങ്ങൾ നിർവഹിച്ചു തരാൻ ഒരു ഭൂമിയിൽ അധ്വാനിക്കുന്ന ഭർത്താക്കന്മാരെ നമ്മൾ ഒരിക്കലും മറന്നു പോകരുത് അതുപോലെ ഹജ്ജ് ഹജ്ജിന്റെ കർമ്മങ്ങൾ പൂർത്തിയായിരിക്കുകയാണ് നമ്മുടെ ഹാജിമാർ ചെയ്ത ഹജ്ജ് റബ്ബെ നീ സ്വീകരിക്കേണമേ ലാഹുവയെ രണ്ട് കൈകളും നീട്ടി അവർ നിന്നോട് ആവശ്യപ്പെട്ടതു ആകൾ നീ സ്വീകരിക്കേണമേ നാഥാ അവരുടെ മടക്ക നീ എളുപ്പമാക്കി കൊടുക്കേണമേ നാഥ ായി ജയിലിൽ കിടക്കുന്ന ആളുകൾക്ക് അള്ളാഹുവെ നീ സമാധാനവും ശാന്തിയും നൽകണമേ രോഗികളായ ആളുകൾക്ക് നീ ശിഫ നൽകണമേ റബ്ബെ ഗൾഫിലുള്ള നീ സമാധാനവും ശാന്തിയും ഒന്നിച്ച് ജീവിക്കാനുള്ള പ്രധാനം ചെയ്യണമേ റബ്ബയെ ഞങ്ങളിൽ നിന്നും ഞങ്ങൾക്ക് വേണ്ടി ഇത് വാച്ചെയ്യുന്ന സ്വാലിഹീങ്ങളായ സന്താനങ്ങളെ നീ ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണമേ അള്ളാഹുവെ മരണം വരെ ീനുസരിച്ച് ജീവിക്കാനുള്ള തൗഫീപ്പ് നീ പ്രധാനം ചെയ്യണമേ അള്ളാഹുവെ ആത്മാർത്ഥമായി ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഇണകളെയും മക്കളെയും നീ ഞങ്ങൾക്ക് പ്രധാനം ചെയ്യണമേ അള്ളാഹുവെണ്ടി അടരാടുന്ന ഞങ്ങൾക്കിടയിൽ ചേരിതിരിക്കാൻ ശ്രമിക്കുന്ന ബാഹ്യ നീ അവർ പിന്തിരിപ്പിക്കണമേ നാഥാ അള്ളാഹുവെ ഒന്നിച്ച് തവഹീദിന്റെ മാർഗത്തിൽ മുന്നേറാൻ നീ ഞങ്ങൾക്ക് തൗഫീക്ക് നൽകണമേ നാഥാ നിന്റെ സഹായം ഞങ്ങൾക്ക് ഉണ്ടാകേണമേ اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الاحياء منهم والاموات انك مجيب الدعوات يا قاضي الحاجات ربنا تقبل منا انك انت السميع العليم واطب علينا انك انت التواب الرحيم ربنا آتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمه innaka antal wahhab allahumma ajirna minan al nar allahumma ajirna minan nar allahumma ajirna minan nar amin amin birahmatika ya arhamar rahimin wassalamu alaykum wa rahmatullah